അധ്യായം അൻപത്തിരണ്ട് അത്തൂർ മക്കയിൽ അവതരിച്ചത് ഒന്നാം വചനത്തിൽ തൂർ പർവ്വതത്തെക്കുറിച്ച് പരാമർശിച്ചതുകൊണ്ടാണ് അദ്ധ്യായത്തിന് ഈ പേര് നൽകപ്പെട്ടത്വതം തന്നെയാണ് സത്യം എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം നിവർത്തിവച്ചുകരി അധിവാസമുള്ള മന്ദിരം തന്നെയാണ് സത്യം ഉയർത്തപ്പെട്ട മേൽപ്പുര അഥവാ ആകാശം തന്നെയാണ് സത്യം നിറഞ്ഞ സമുദ്രം തന്നെയാണ് സത്യം തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാകുന്നു അത് തടുക്കുവാൻ ആരും തന്നെയില്ല യൗമതമൂസോ ആകാശം ശക്തിയായി പ്രകമ്പനം കൊള്ളുന്ന ദിവസം പർവതങ്ങൾ അവയുടെ സ്ഥാനങ്ങളിൽ നിന്നു നീങ്ങി സഞ്ചരിക്കുകയും ചെയ്യുന്ന ദിവസം അന്നേ ദിവസം സത്യനിഷേധികൾക്കാകുന്നു നാശം അല്ല അതായത് അനാവശ്യ കാര്യങ്ങളിൽ മുഴുകി വർക്ക് അവർ നരകാഗ്നിയിലേക്ക് ശക്തിയായി പിടിച്ചു തള്ളപ്പെടുന്ന ദിവസം ഹരിപൂ അവരോട് പറയപ്പെടും ഇതത്രേ നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞിരുന്ന أَفَ تِحْرُنْ هَادَاءَمْ أَنْتُمْ لَا تُبْصِرُونَ أَبْبُولْ إِذِمْ آيَا جَالَ مَانُوْمْ أَدَ اللَّا نِنْغَلْ كَانُنْ نِلَّنْ نُنْدُوْمْ إِصْلَوْهَا فَصْبِرُوا أَوْ لَا تَصْبِرُوا سَوَاءٌ عَلَيْكُمْ إِنَّمَا تُجْزَوْنَ مَا كُنْتُمْ تَعْمَلُونَ നിങ്ങൾ അതിൽ കടന്ന് എരിഞ്ഞുകൊള്ളുക എന്നിട്ട് നിങ്ങളത് സഹിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സഹിക്കാതിരിക്കുക അത് രണ്ടും നിങ്ങൾക്ക് സമമാകുന്നു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന് മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർ സ്വർഗത്തോപ്പുകളിലും സുഖാനുഗ്രഹങ്ങളിലുമായിരിക്കും തങ്ങളുടെ രക്ഷിതാവ് അവർക്കു നൽകിയതിൽ ആനന്ദം കൊള്ളുന്നവരായിട്ടും ജ്വലിക്കുന്ന നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അവരുടെ രക്ഷിതാവ് അവരെ കാത്തു ചെയ്യും كل وشربوها نيئن بما كنتم تعملون آور اوڑو پرأي اخبرو ننجل پرورتش شرن دينده پلم آئي ننجل سکم آئي تندوقايوم قدقوقايوم چهدو كوللوغا مُتتكئین علا سرر مصروفة وزوجناهم بحور النعين وری وری آئي ഇത്ത കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തരുണികളെ നാം അവർക്ക് ഇണചേർത്തു കൊടുക്കുകയും ചെയ്യും ഏതൊരു കൂട്ടർ വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തിരിക്കുന്നുവോ അവരുടെ സന്താനങ്ങളെ നാം അവരോടൊപ്പം ചേർക്കുന്നതാണ് അവരുടെ കർമ്മഫലത്തിൽ നിന്ന് യാതൊന്നും നാം അവർക്ക് കുറവ് വരുത്തുകയുമില്ല ഏതൊരു മനുഷ്യനും താൻ സമ്പാദിച്ചുവെച്ച സ്വന്തം കർമ്മങ്ങൾക്ക് പണയം വെക്കപ്പെട്ടവനാകുന്നു അവർ കൊതിക്കുന്ന തരത്തിലുള്ള പഴവും മാംസവും നാം അവർക്ക് അധികമായി നൽകുകയും ചെയ്യും അവിടെ അവർ പാനപാത്രം അന്യോന്യം കൈമാറിക്കൊണ്ടിരിക്കും അവിടെ അനാവശ്യവാക്കോ അധാർമിക വൃത്തിയോ ഇല്ല അവർക്ക് പരിചരണത്തിനായി ചെറുപ്പക്കാർ അവരുടെ അടുത്ത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും അവർ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെയിരിക്കും وَأَقْبَلَ بَعْضُهُمْ പരസ്പരം പലതും ചോദിച്ചുകൊണ്ട് അവരിൽ ചിലർ ചിലരെ അഭിമുഖീകരിക്കും കുന്ന മുഷിൻ അവർ പറയും തീർച്ചയായും നാം മുമ്പ് നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ ഭയഭക്തിയുള്ളവരായിരുന്നു അതിനാൽ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുകയും രോമകൂപങ്ങളിൽ തുളച്ചുകയറുന്ന നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്തു ഇന്ന കുുന്ന ായും നാം മുമ്പേ അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു തീർച്ചയായും അവൻ തന്നെയാകുന്നു ഔതാര്യവാനും കരുണാനിധിയും ആകയാൽ നീ ഉദ്ബോധനം ചെയ്യുക നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്താൽ നീ ഒരു ജ്യോത്സ്യനോ ഭ്രാന്തനോ അല്ല ൂൻ അതല്ല മുഹമ്മദ് ഒരു കവിയാണ് അവന് കാലവിപത്ത് വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണോ അവർ പറയുന്നത് നീ പറഞ്ഞേക്കുക നിങ്ങൾ കാത്തിരുന്നോളൂ തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു അതല്ല അവരുടെ മനസ്സുകൾ അവരോട് ഇപ്രകാരം കൽപ്പിക്കുകയാണോ അതല്ല അവർ ധിക്കാരികളായ ഒരു ജനത തന്നെയാണോ അതല്ല നെബി അത് കെട്ടിച്ചമച്ചു പറഞ്ഞതാണ് എന്ന് അവർ പറയുകയാണോ അല്ല അവർ വിശ്വസിക്കുന്നില്ല എന്നാൽ അവർ സത്യവാൻമാരാണെങ്കിൽ ഇതുപോലുള്ള ഒരു വൃത്താന്തം അവർ കൊണ്ടുവരട്ടെ അതല്ല യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾ അതല്ല അവരാണോ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ല അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല أَمْ عِندَهُمْ خَزَائِنُ رَبِّكَ أَمْ هُمُ الْمُسَيْطِرُونَ أَذَلَّ أَവരട பக்கலானோ நின்ட ரட்சிதாவின்ட கஜராவுகள் أَذَلَّ அவரானோ அதிகாரம் நடத்தும்வர் أَمْ لَهُمْ سُلَّمٌ يَسْتَمِعُونَ فِيهِ فَلْيَأْتِ مُسْتَمِعُهُمْ بِسُلْطَانٍ مُبِينٍ അതല്ല അവർക്ക് ആകാശത്തുനിന്ന് വിവരങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ വല്ല കോണിയുമുണ്ടോ എന്നാൽ അവരിലെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആൾ വ്യക്തമായ വല്ല പ്രമാണവും കൊണ്ടുവരട്ടെ അതല്ല അള്ളാഹുവിനുള്ളത് പെൺമക്കളും നിങ്ങൾക്കുള്ളത് ആൺമക്കളുമാണോ അതെല്ലാം നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധ്യതയാൽ ഭാരം പേരേണ്ടവരായിരിക്കുകയാണോ അതല്ല അവർക്ക് അദൃശ്യജ്ഞാനം കരഗതമാവുകയും അത് അവർ രേഖപ്പെടുത്തിവെക്കുകയും ചെയ്യുന്നുണ്ടോ അതല്ല അവർ വല്ല കുതന്ത്രവും നടത്താൻ ഉദ്ദേശിക്കുകയാണോ എന്നാൽ സത്യനിഷേധികളാരോ അവർ തന്നെയാണ് കുതന്ത്രത്തിൽ അകപ്പെടുന്നവർ املهم اله غير الله سبحان الله عن ما يشركون عدला അവർക്ക് അല്ലാഹു വല്ലാത്ത വല്ല ദൈവവും ഉണ്ടോ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധനായിരിക്കുന്നു വൈ يرൗകസ് തമിനസ്സമാഇ സഖിത്വ يقولو سحاكم مربو ആകാശത്തുനിന്ന് ഒരു കഷ്ണം വീഴുന്നതായി അവർ കാണുകയാണെങ്കിലും അവർ പറയും അത് അടുക്കടുക്കായ മേഘമാണെന്നും അതിനാൽ അവർ ബോധരഹിതരായി വീഴ്ത്തപ്പെടുന്ന അവരുടെ ആ ദിവസം അവർ കണ്ടുമുട്ടുന്നതുവരെ നീ അവരെ വിട്ടേക്കുക يَوْمَ لَا يَنفَعُ عَنْهُمْ كَيْدُهُمْ شَيْئًا وَلَا هُمْ يُنْصَرُونَ அவர்களுடைய குതന്ത്രம் அவர்க்கு ஒட்டும் ප්‍රயோஜனம் செய்யாதா அவர்க்கு ಸಹಾಯம் லபிக்காத ஒரு ദിവസം وَإِنَّ الَّذِينَ ظَلَمُوا عَذَابًا دُونَ ذَلِكَ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ தீர்ச்சையாယும் അക്രമം പ്രവർത്തിച്ചവർക്ക് അതിനു പുറമേയും ശിക്ഷയുണ്ട് പക്ഷേ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല നിന്റെ രക്ഷിതാവിന്റെ തീരുമാനത്തിന് നീ ക്ഷമാപൂർവം കാത്തിരിക്കുക തീർച്ചയായും നീ നമ്മുടെ ദൃഷ്ടിയിലാകുന്നു നീ എഴുന്നേൽക്കുന്ന സമയത്തിൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക രാത്രിയിൽ കുറച്ചു സമയം നക്ഷത്രങ്ങൾ പിൻവാങ്ങുമ്പോഴും നീ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക